ം തൊണ്ണൂറ്റിമൂന്ന് യഹോവ വാഴുന്നു അവൻ മഹിമ ധരിച്ചിരിക്കുന്നു യഹോവ ബലം ധരിച്ച് അരയ്ക്കുകിട്ടിയിരിക്കുന്നു ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു നീ അനാദിയായുള്ളവൻ തന്നെ യഹോവെ പ്രവാഹങ്ങൾ ഉയർത്തുന്നു പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു സമുദ്രത്തിലെ വൻതിരകളായ പെരുവെള്ളങ്ങളുടെ മുഴക്കത്തെക്കാളും ഉയരത്തിൽ യഹോവ മഹിമയുള്ളവൻ നിന്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവ യഹോവീ വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ